റിയുക ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുസുബഹാനഹുവറ്റാലയ്ക്കുള്ളതാണ് നിങ്ങൾ ഏതവസ്ഥയിലാണെന്ന് അവൻ അറിയുന്നു അവർ അവനിലേക്ക് മടക്കപ്പെടുന്ന ദിവസം അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവൻ അവരെ അറിയിക്കും അള്ളാഹുസുബാനഹുവറ്റാല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്